നേരത്തെ നിത്യം എന്ന് പറഞ്ഞപ്പോഴും ദുഃഖത്തെ നിഷേധിക്കുകയാണ് ശുദ്ധം എന്ന് പറഞ്ഞാലും ദേഹാതിപാധികം ദേഹാദി ഉപാധികളുണ്ട് വരുന്ന ദുഃഖത്തെ നിഷേധിക്കും ശുദ്ധമെന്നു പറയും കാരണം സിദ്ധാന്തമനുസരിച്ച് എന്താണ് ബ്രഹ്മം അത് ശുദ്ധമാണ് അതിന് ദേഹസംബന്ധം വന്നു ദേഹമായിട്ടെങ്ങനെ സംബന്ധം വരുന്നു അത് അനാദിയായിട്ട് വന്നിരിക്കുന്ന സംബന്ധമാണ് കാരണമെന്താണ് അജ്ഞാനം ജ്ഞാനം കൊണ്ട് ദേഹസംബന്ധം വന്നു അപ്പോ ദേഹസംബന്ധം എന്ന് പറയുന്നതിനാണ് ഇവിടെ അദ്വൈതത്തിന് എന്തു പേരാ പറയുന്നത് ദേഹസംബന്ധത്തിന് അധ്യാസം അധ്യാസം ഈ ബ്രഹ്മത്തിന് ദേഹത്തോടുള്ള താതാത്മ്യം ആ താതാത്മ്യം എങ്ങനെയാണ് ഞാനെന്നും എൻ്റെ ബോധം അതാണ് അധ്യാസം ഞാനെന്നൊരാള് ദേഹത്തെ ധരിക്കുന്നു കൃത്യമായിട്ട് എന്റെ നിന്നു ഈ ദേഹത്തെ ധരിക്കുന്നു അപ്പൊ ഞാനെന്നും എന്റേതെന്നും വരുന്ന ഈ ബോധം ഈ ബോധത്തിനാണ് പറയുന്നത് ദേഹസംബന്ധം ഈ ദേഹസംബന്ധം എന്തുകൊണ്ട് ദുഃഖത്തിന് കാരണമായി തീരുന്നു എങ്ങനെയാണ് ദുഃഖത്തിന് കാരണമായി അതായത് ഈ ദേഹം എന്ന് പറയുന്നത് ഭാവവികാരങ്ങളുള്ളതാണ് ഉണ്ടാവുന്നു നനുന്നു വളരുന്നു ക്ഷയിക്കുന്നു നശിക്കുന്നു കേടുപാടുകൾ സംഭവിക്കുന്നു ഇതൊക്കെ ദേഹത്തിന് സംഭവിക്കുന്നുണ്ട് ഈ ദേഹത്തിനോട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ഈ ദേഹത്തിന് സംഭവിക്കുന്ന കേടുപാടുകളെല്ലാം തന്റേതാണെന്ന് ധരിക്കുന്നു അപ്പോൾ ഞാൻ എന്നുള്ള ബോധം ദേഹത്ത് വരുമ്പോൾ അതിനോടൊപ്പം ഞാൻ ദുഃഖിക്കുന്നു എനിക്ക് ദുഃഖം എനിക്ക് വേദന ആത്മാവിന് വേദനയില്ല പക്ഷെ ദേഹത്തിൽ ഈ മാറ്റങ്ങൾ വരുമ്പോഴത്തേക്ക് അതിനോട് ഒരാള് താതാന്മ്യപ്പെട്ടിട്ട് അല്ലെങ്കിൽ അതിൽ അഭിമാനിച്ചിട്ട് ഞാൻ വേദനിക്കുന്നു വരുന്നു ഇപ്പോ ജഡമായിരിക്കുന്ന ജഡെന്ന് വെച്ച ചൈതന്യം ഇല്ലാത്ത അല്ല ദേഹം ദേഹത്തിന് ജഡം എന്ന് പറയുന്നെങ്കിലും അത് ചൈതന്യം ഇല്ലാത്തതല്ല ആ ജഡത്തിൽ ചൈതന്യം ഉണ്ട് എങ്ങനെ ചൈതന്യം വന്നു അങ്ങനെയാണ് ദേഹത്തിൽ ചൈതന്യം വന്നത് എങ്ങനെയാണ് ചൈതന്യം വന്നത് അധ്യാസം അധ്യാസം കൊണ്ട് ദേഹത്തിൽ ചൈതന്യം അധ്യാസം കൊണ്ട് ദേഹത്തിലേക്ക് ചൈതന്യം ആണ് തുടക്കത്തിൽ പറഞ്ഞ എന്താണ് അന്യോന്യസിൻ്റെ അന്യോന്യാതാം അന്യോന്യം ധർമ്മം ജ്യസ് തുടക്കത്തിൽ പഠിച്ചതാണ് അധ്യാസം എന്ന് പറയുന്നത് അങ്ങനെ പൂർണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റത്തില്ല കാരണം ഇത് അനാദിയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അദ്വീതമനുസരിച്ച് ഞാൻ ബോധം നമ്മൾ ഉണർന്നുകഴിഞ്ഞാൽ ഞാൻ എന്നുള്ള ബോധം വരും ആ ഞാൻ ബോധം വരുന്നതാണ് അധ്യാസം നല്ല ഉറക്കത്തിൽ ശരീരത്തിൽ ഞാൻ എന്നുള്ള ബോധം ഇല്ല അപ്പ ശരീരത്തിന്റെ വേദന നമ്മളപ്പോ അറിയുന്നില്ല അപ്പോ എപ്പോഴാണോ ബോധം വരുന്നത് ശരീരത്തിൽ താതാന്യം വരുന്നു അതുകൊണ്ടാണ് അനസ്തേഷ്യയിലും നല്ല ഉറക്കത്തിലൊന്നും നമുക്ക് വേദന അനുഭവിക്കാത്ത അദ്വൈതം പറയുന്ന അനുസരിച്ച് അപ്പോഴൊന്നും ദേഹത്തിൽ ജ്ഞാനം ബോധം വരുന്നില്ല അപ്പൊ ദേഹത്തിൽ ഞാനെന്നുള്ള ബോധം വന്നു കഴിഞ്ഞാൽ ദേഹത്തിൽ ഉണ്ടാകുന്ന എല്ലാ വികാരങ്ങളും തന്നെ ബാധിക്കും അപ്പൊ ദേഹത്തിൽ അനുകൂലമായ വികാരം പ്രതികൂലമായ വികാരം വരും അനുകൂലമായ വികാരം വന്നു കഴിഞ്ഞാൽ സുഖം പ്രതികൂലമായ വികാരം വന്നു കഴിഞ്ഞാൽ ദുഃഖം സുഹൃത്തിയിലേക്ക് പോയി കഴിഞ്ഞാൽ അധ്യാസമില്ല അനസ്തീഷിയിൽ അധ്യാസമില്ല അപ്പൊ ദേഹ സുഖവും ദുഃഖമൊന്നും അറിയുന്നില്ല ഇത് അനാദിയായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നിയന്ത്രണത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ ദേഹത്തോട് താതാത്മ്യം വരുന്നതിനുള്ള കാരണം അവിദ്യയാണ് അവിദ്യ എന്ന് പറയുന്നത് എന്താണ് ഞാൻ ദേഹം ആണ് എന്നുള്ള ഈ ബോധത്തിന് കാരണമായിരിക്കുന്ന ഒന്നാണ് അവിദ്യ എന്ന് പറയുന്ന ഒന്നിനെ അപ്പോൾ ഞാൻ ആത്മാവണമെന്നുള്ള ബോധം വരുമ്പം എന്ത് ചെയ്യുന്നു ഈ അവിദ്യ നശിക്കുന്നു അവിത നശിച്ചു കഴിഞ്ഞാൽ ഈ അധ്യാസവും നശിക്കുന്നു മനസ്സിലായോ അവിദ്യ കൊണ്ടുണ്ടാകുന്ന ഈ അധ്യാസം ഞാൻ ദേഹമാണെന്നുള്ള ബോധവും നശിക്കുന്നു നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനും ഗുരുതരമായ പ്രശ്നം അങ്ങനെ ഞാൻ ആത്മാവാണെന്ന് അറിഞ്ഞു അജ്ഞാനം നശിച്ചു അധ്യാസത്തിന് കാരണമായ അജ്ഞാനം നശിച്ചു ഇതൊക്കെ പല വ്യാഖ്യാനങ്ങളുണ്ട് ഞാൻ ഒരു വ്യാഖ്യാനം പറയണം ഒരു വ്യാഖ്യാനം ഇപ്പൊ പറയണം അജ്ഞാനം നശിച്ചു അജ്ഞാനം കൊണ്ടുവരുന്ന അധ്യാസം അജ്ഞാനവും അധ്യാസം ഒന്നാണെന്ന് പറയുന്നവരുമുണ്ട് മനസ്സിലായ അപ്പോ അജ്ഞാനവും അധ്യാസവും രണ്ടെന്ന് പറയുന്നോണ്ട് പക്ഷെ ഞാൻ പറയും അജ്ഞാനം കൊണ്ടെന്തുണ്ടായി അധ്യാസം അജ്ഞാനം നശിച്ചാൽ എന്തു ചെയ്യും അധ്യാസം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ജ്ഞാനം എന്നുള്ള ബോധം ഉണ്ടാവില്ല ജ്ഞാനം എന്നുള്ള ദേഹത്തിൽ ബോധം ഉണ്ടായില്ലെങ്കിൽ പിന്നെ ദുഃഖം ഇണ്ടാവും പക്ഷെ ഇതിപ്പോ കഥ മാത്രമാണ് ശരിച്ചാ കണ്ട്രോൾ ചെയ്യരുത് ഞാൻ പറഞ്ഞത് മൂന്ന് കാര്യങ്ങൾ കണ്ട്രോൾ ചെയ്യാൻ പാടില്ല അറിയാനുള്ള ഏതെങ്കിലും അതുകൊണ്ട് വീണ്ടും പറയുന്നില്ല അപ്പൊ അത് ചിരിക്കുന്ന എന്തുകൊണ്ട് ദേഹാന് ബുദ്ധിയുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഞാനെന്നുള്ള ബോധം വന്നു അതുകൊണ്ടാണ് ചിരിക്കുന്നത് ഇത് എന്താണ് തിരിച്ചു വരുമ്പോഴാണ് ഈ അവിടെയാണ് പ്രശ്നം അത് ഞാൻ പറയാൻ പോയി അതായത് ഇവിടെ വരുന്ന പ്രശ്നം എന്തെന്ന് ഇവിടെ ഈ അദ്വൈതികൾ കടന്ന് കമ്മിലടിക്കുകയാണ് ഒരുപാട് അടിയുണ്ട് ഇവർക്കെന്ന ഇതിനൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല ഈ പൊട്ടന്മാരൊക്കെ ഈ പുസ്തകം വെച്ചിരിക്കുന്ന എന്തു പഠിച്ചിട്ടാണെന്നൊന്നാണ് എനിക്ക് സയൻസ് ആണ് മണ്ണാങ്കട്ടയാണ് മാങ്ങാത്തൊലിയെന്നൊക്കെ ഇവര് അദ്വൈതത്തെ കുറിച്ച് എന്ത് മനസ്സിലാക്കിയിരിക്കുന്നു ദൈവം ഫിസിക്സ് പ്രൊഫസറായിരുന്നു എന്ന് പറയുന്നത് അങ്ങനെ ഫിസിക്സ് കറക്റ്റ് ആയിരിക്കും അതുകൊണ്ട് അദ്വൈതം കറക്റ്റ് ആവണോ ആ ഫിസിക്സ് എഴുതിയിരിക്കുന്നത് കറക്റ്റ് ആയിരിക്കും അദ്വൈതം കറക്റ്റ് ആകത്തില്ല ഇത് പറഞ്ഞാ എനിക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല അത്രമാത്രം പറയാനുണ്ട് മനസിലായോ എന്നാലും ഞാൻ ചുരുക്കി പറയാം ഈ ദേഹാത്മബുദ്ധി ഉണ്ടാകുന്നതിനെയാണ് അധ്യാസം എന്ന് പറയുന്നത് അധ്യാസത്തിന് കാരണമാണ് അജ്ഞാനം അജ്ഞാനം എന്ന് വെച്ചുകഴിഞ്ഞാൽ അധ്യാസം നശിക്കണം അധ്യാസം എന്ന് വെച്ചുകഴിഞ്ഞാൽ ദേഹാത്മബുദ്ധി നശിക്കണം പിന്നെ ഒരാൾക്ക് ഈ ദേഹസംബന്ധിയായി വരുന്ന സുഖുഖങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നാണ് വൈപ്പ് മനസിലായ പക്ഷേ ഇതെല്ലാം സംഭവിച്ചത് ജ്ഞാനം ഉണ്ടായി അജ്ഞാനം നശിച്ച് ദേഹാത്മബുദ്ധി നശിച്ച് വീണ്ടും ദുഃഖം അനുഭവിക്കും അതിനെന്താ സമാപനം എന്നാണ് പറയുന്നത് പ്രാരബ്ധ പ്രാരബ്ധം കൊണ്ട് വീണ്ടും മരിക്കുന്നവരെ ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കും ഏത് ജ്ഞാനിയും നമ്മൾ നോക്കിയാലും ഗുരുദേവൻ ഉൾപ്പെടെയുള്ളവരെല്ലാം ചെയ്യുന്നു രോഗം വരികയും കഷ്ടപ്പെടുകയും നിലവിളിക്കുകയും ദുഃഖങ്ങൾ അനുഭവിക്കുകയും എന്താ ചെയ്തു അപ്പോ അങ്ങനെയുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അവരെന്തായിരിക്കും മറുപടി പറയുന്നത് അവര് പറയും ഇതൊക്കെ ശരീരത്തിനാണ് ആത്മാവിനെ ഇതൊന്നും ബാധിക്കുന്നുണ്ട് ഇത്ര പറയാൻ പറ്റും ആത്മാവിനെ ഇതൊന്നും ബാധിക്കുന്നു പിന്നെ ഈ നിലവിളിക്കുകയും അത് ഒക്കെ ചെയ്യുന്നതൊക്കെ ഗുരുതരം പറഞ്ഞിട്ടുണ്ടത് ഉണക്കപ്പാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ശരീര സംബന്ധമായ കാര്യങ്ങളാണ് അപ്പോ ജ്ഞാനികൾക്കുള്ള അറിവെന്താണ് ഇതൊന്നും ശരീരത്തെ ഉള്ള കാര്യങ്ങളാണ് ആത്മാവിനെ ബാധിക്കരുത് അങ്ങനെ ഒരു അറിവുണ്ട് അങ്ങനെ ഒരു അറിവുണ്ടെങ്കിലും വേദനിച്ചാൽ നിലവിളിച്ചുപോയി ഞാൻ ഒരു ദിവസം ഇവിടെ രാത്രി ഈ മൂത്രം പോകാത്തതിന്റെ വേദന ഞാൻ അനുഭവിച്ചു മനസ്സിലായോ ഒരു ദിവസം അനുഭവിച്ചു ഞാൻ ഉടനെ പോയി സർജറി ചെയ്തതാണ് ആ വേദന എന്ന് പറയുന്ന മനുഷ്യന് സഹിക്കാമെന്നുള്ള വേദനകളുടെ ഇറങ്ങിയ അറ്റത്തെ വേദനകൾ ഒരുപക്ഷെ പ്രസവ വേദനയും വേദനയായിരിക്കും അത് അനുഭവിച്ചിട്ടില്ല എനിക്കറിയത്തില്ല എങ്കിലും ഞാൻ ഊഹിക്കുകയാണ് അത്രയും തീവ്രമായ വേദനയാണ് നമ്മുടെ ശരീരമൊക്കെ തീക്കനതുപോലെ ജ്വലിക്കും മനസ്സിലാകും ഞാൻ പറ്റുന്ന ഞാൻ ഒരു വിധം വിളിപ്പിച്ചിട്ട് കാറും കൊടുത്തുകൊണ്ട് വള്ളത്തിയാവിൽ പോയി അവിടെ നിന്ന് ഡ്രൈവറും നേരെ എയിംസിൽ പോയി അതുവരെ ഞാൻ ഓടിച്ചു പോയി ഇവിടെ എന്താണെന്ന് ഉറക്കമല്ല ഞാൻ രാവിലെ അങ്ങ് പോയിരുന്നു ഇത് കല്ല ഇത് മൂത്രം പോകുന്നില്ല പുറത്തേക്ക് പോകാതെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ശരീരം തീക്കനെന്ന് പോലെയാവും നിവർന്നിരിക്കാൻ പറ്റില്ല നമ്മുടെ ശരീരം ഇങ്ങനെ കൂലി പോകും അപ്പോ എന്താണ് ഞാൻ ദേഹമാണെന്നോ ആത്മാവാണെന്നോ ഒരു മണ്ടാകോട്ടേം ചിന്തിക്കാൻ പറ്റില്ല ഭയങ്കരമായ വേദന ഏഹ് അല്ല അപ്പോഴത്തേക്ക് പറഞ്ഞു അപ്പഴത്തേക്ക് മാറിയത് ിസോഡിക്കാണ് വേദന ഇങ്ങനെ വന്നു വന്നു വന്നു വന്ന് എന്റെ മാക്സിമം പോയിട്ട് അതിങ്ങനെ താ അപ്പൊ എനിക്കറിയാം ഇത് ഈ വേദന എന്ന് പറയുന്ന എന്റെ മാക്സിമം പോയിട്ട് കുറയുന്ന് അറിയാം മനസ്സിലായോ ഏത്ര മൂത്രം പോവാനെന്ത് പാടുപെട്ട് ഞാൻ പോയി കക്കൂസി പോയിരുന്ന് വെള്ളം തലയിൽ കൂടെ ഒഴിച്ച് മറ്റേ ഓസെടുത്ത് വെച്ചടിച്ച് പല കാര്യം ചെയ്ത് അവസാനം ദേഹം മുഴുവൻ വേദനിക്കുകയാണ് അവസാനം ഒരു ശകലം ി ഒരു തുള്ളി മൂത്രം പോയപ്പോ ഒരു ചെറിയ അത് പിന്നെ രണ്ടു തുള്ളി മൂന്ന് തുള്ളി നാല് തുള്ളി മൂത്രം പോയത് വ പരമാനന്ദ സുഖം കൊണ്ട് നമ്മള് നിർവൃതി പരമാനന്ദം ആനന്ദക്കടൽ പൊങ്ങി താനേ വായി എന്തൊരാശ്വാസമാണെന്നറിയാവോ ഈ സുഖം എന്താണെന്നറിയണമെങ്കി ഒരു വേദന വരണം ആ വേദന അങ്ങോട്ട് ഇറങ്ങിക്കഴിയുമ്പം പിന്നെ ഭയങ്കര സുഖം പിന്നെ കിടന്ന് ഉറങ്ങിയ സുഖമായിട്ട് സംശയം തോന്നുന്നു അതിന്റെ ഗുരു ഇടയ്ക്ക് ഇപ്പൊ ആശ്വാസം തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞത് ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കും അനുഭവത്തിലൂടെ ഓരോ കാര്യങ്ങൾ പഠിക്കണമെന്ന് പറയുന്നത് ഇങ്ങനെയാ പഠിക്കുന്നത് അപ്പൊ എനിക്ക് മനസിലായി ഗുരു പറഞ്ഞ ഓരോ കാര്യങ്ങളുടെയും വാക്കിന്റെയും അർത്ഥം എനിക്ക് അപ്പോഴാ മനസിലായി ഗുരു പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇപ്പോ വലിയ ആശ്വാസം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് വേദന എപ്പിസോഡിക് പെയിൻ എന്ന് പറയുന്ന അങ്ങനെയാണ് ഇങ്ങനെ കൂടി പോയി നേരെ താഴെ വന്ന് അങ്ങ് നിൽക്കും അത് നമ്മുടെ ബോഡിയുടെ ഒരു മെക്കാനിസമാണ് നമുക്കിങ്ങനെ ഒരു കഠിനമായ വേദന വരുന്നതും ആ വേദനയെ മാക്സിമത്തിക്കൊണ്ട് ഒന്നും തിരിച്ച് താഴ്ത്തുന്നു ഈ ശരീരത്തെ നിലനിർത്താൻ വേണ്ടി ബോഡി തന്നെ ചെയ്യുന്ന മെക്കാനിസമാണ് ഇതിനെക്കുറിച്ച് നമുക്കൊരു ചെറിയ ധാരണ ഉള്ളതുകൊണ്ടാണ് ഇത് ശാന്തമാകും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ചത്തൊന്നും പോകത്തില്ല പക്ഷെ വേദന എന്റെ മാക്സിമത്തെ എത്തിയിട്ട് താഴെ വരുമെന്നറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ ഞാൻ ഇതിന്റെ അകത്ത് വരും ഓടുമ്പോഴ കടന്ന് ഓടിയത് ഓടിച്ചുകഴിഞ്ഞപ്പോ എന്തെയ്തു ശാന്തമായി പക്ഷെ ഇനി ഒരീന്ന് വരാൻ പാടില്ല എന്ന് വിചാരിച്ചാണ് നേരെ ഓടിപ്പോയി സംഗതി എടുത്തുള്ള ഇപ്പൊ പിന്നെ വേദന വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പോ എന്താണ് ആത്മാവാണ് ഞാൻ ശരീരമല്ല എന്നൊക്കെ അറിഞ്ഞാലും ഈ വേദന വരുന്നുകൊണ്ട് അതിനാണ് പ്രാരബ്ധെന്ന് പറയുന്നത് ആ ഇതാണ് എന്തുപറയുന്നത് പ്രാരബം എന്ന് പറയുന്നത് കാരണം അദ്വൈതികൾ നോക്കിയിട്ടും ഈ എല്ലാ പ്രസവങ്ങളെഴുതിയവരും പണ്ടത്തെ കാലത്ത് ഇപ്പൊ ഗുരുവിന്റെ കാലത്ത് തന്നെ ചികിത്സയില്ലല്ലോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വേദന അനുഭവിക്കുക വേറെന്ത് ചെയ്യാനാണ് അപ്പൊ എല്ലാവരും മനസ്സിലാക്കി ശാസ്ത്രവും തത്വവും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വേദന അനുഭവിച്ചേ പറ്റും അതിൽ നിന്ന് രക്ഷപ്പെടവരും വഴിയും അപ്പൊ അവർ കണ്ടെത്തിയ ഒരു ഇതാണ് പ്രാരബമുണ്ട് ഇതൊക്കെ ശരിയാകും എപ്പോ ചത്തുകഴിഞ്ഞാൽ അല്ല ശരി അല്ല ഈ ചോട്ടാ ഞാൻ ശുശ്രൂഷിച്ചിട്ടൊന്നുമില്ല അദ്ദേഹത്തിന്റെ അടുത്തൊക്കെ പോയിരുന്നിട്ടുണ്ട് അദ്ദേഹം അവസാനം എത്രയോ കാലങ്ങളും കഷ്ടപ്പെട്ട് വലിയ വൈരാഗ്യൊക്കെ ആയി ഇന്നൊക്കെ മാറിയുന്നതാണ് പക്ഷെ അവസാനം ബോധമൊന്നും ശരിക്കില്ലാതെ വന്നു പാരലൈസ്ഡായി അങ്ങനെ ഒരുപാട് ഈ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് തന്നെ മരിച്ച ഒന്ന് തന്നു ശുശ്രൂഷിക്കുന്ന പ്രേമാനന്ദിനിയാണ് ഇദ്ദേഹമുള്ള ഹോമിയോയും ആയുർവേദവും അതും ഇതുമൊക്കെയാണ് അടിച്ചു കയറ്റുന്നത് അത് ശരിയായൊരു ട്രീറ്റ്മെന്റ് അല്ലല്ലോ പാരലൈസ്ഡൊക്കെ ആയവർക്ക് എത്രയും പെട്ടെന്ന് മോഡേൺ മെഡിസിൻ ചികിത്സയാണ് ചെയ്യേണ്ടത് ഉടൻ ചെയ്യേണ്ടതാണ് നാല് മണിക്കൂറിനകം ഹോസ്പിറ്റലിൽ എത്തിച്ച് വേണ്ട മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ റിക്കവറി അതൊന്നും ചെയ്യാതെ ആയുർവേദം കഷായം കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ പറയുന്നത് ഇങ്ങനെയാണ് പിന്നീട് എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പറയുന്ന പേരാണ് പ്രാരബ്ധം പിന്നെ വേറെ ഒന്നും പിന്നെ സമാധി എന്നിരിക്കട്ടെ സമാധി ഉണ്ടായി സമാധി ഉണ്ടായി സമാധിയിൽ ഇരുന്നും അവിടെ അജ്ഞാനം നശിച്ചു സമാധിയിൽ അജ്ഞാനം നശിച്ചു സമാധിയിൽ നിന്നും ഉണർന്നു ഈ ലോകത്തേ കാണുന്നു ലോകത്തെ കാണുമ്പോഴത്തേക്ക് വീണ്ടും വന്നുവരും ഇതുപോലെയുള്ള വേദനകളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വേദന അനുഭവിക്കാതിരിക്കണമെങ്കിൽ ഒരേ ഒരു വഴിയുള്ള എന്താണ് പെട്ടെന്ന് ഒരു സമാധി പോവുക പോയി സമാധിയിൽ ഇങ്ങനെ ഇരിക്കുക പ്രപഞ്ചത്തെ വിസ്മരിച്ചിരിക്കുക തിരിച്ചു വരുമ്പോ എന്തെങ്കിലും വേദന ഉണ്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം സമാധി പോയിട്ട് അങ്ങനെ സമാധിയിലിരുന്നാൽ അന്നവസ്ത്രാദികളൊന്നും ഇണ്ടാകെ ഭക്ഷണം കഴിക്കാൻ പറ്റും എപ്പോഴും സമാധിയിലാണ് ഇപ്പം ഭക്ഷണം ഒന്നും കിട്ടാത്ത കൊണ്ട് തന്നെ ചെയ്യും ആണ് അപ്പോഴും പ്രശ്നം പരിഹാരമെ ചാലേ ഉള്ളൂ ഉണർന്നു കഴിഞ്ഞാ ഉടൻ വേദന അപ്പൊ എന്തെയും തിരിച്ച് സമാധി പോകും സമാധി ഇരുന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അങ്ങനെ വരുമ്പഴത്തേക്ക് എന്തെയും ചത്തുപോകും ഇത് മറ്റൊരു കഥയാണ് മനസിലാ ഇതൊക്കെ ഓരോരോ കഥകളാണ് സമാധിയും ഇത് തന്നെ സമാധിയിലും മോക്ഷം തന്നെ സമാധിയിലും മോക്ഷം തന്നെ പറയുന്നു സമാധി ചെന്നുകഴിഞ്ഞാൽ ഇത് തന്നെയാണ് അദ്വൈതജ്ഞാനല്ലേ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനമല്ലേ സമാധി അഹം ബ്രഹ്മാസ്മി എന്ന് ജ്ഞാനം വന്നാൽ അജ്ഞാനം അന്വേഷിച്ചു അജ്ഞാനം വെച്ച അവിടെ ഇരിക്കാൻ പറ്റില്ല വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വരണം തിരിച്ചു വരണ്ട പിടി അങ്ങോട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ലോകത്ത് വരും വീണ്ടും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക ഒരു വഴി സമാധിയിലേക്ക് പോവുകയാണ് സമാധി നേരത്തെ പരിചയമുള്ളതുകൊണ്ട് തിരിച്ച് സമാധി പോകാം സമാധി പോയിരുന്ന് കഴിഞ്ഞാൽ എത്ര സമയം ഇരിക്കാൻ പറ്റും അതീ സ്പ്രിങ്ങിന്റെ മേളിക്കയറി ഇരിക്കും പോലെയാണ് ഒരു സ്പ്രിങ് വെച്ചിട്ട് മേളിക്കറിയിരുന്ന എത്ര സമയം ഇരിക്കാൻ പറ്റും എന്നാൽ ചെരിഞ്ഞു കഴിഞ്ഞാൽ എന്തെയ്യും സ്പ്രിങ് പൊങ്ങി വരും അതുപോലെ സമാധി അങ്ങനെ ഇരിക്കാൻ പറ്റില്ല തിരിച്ചു വരും പിന്നെ അതിശീലിച്ച് ശീലിച്ച് ശീലിച്ച് ശീലിച്ച് കൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് ഈ ഭക്ഷണമൊന്നും കിട്ടാതെ ആണെന്തെയും മരിക്കും അതാണ് ബ്രഹ്മവിദ് വരിഷ്ഠൻ ദർശനമാരി പറഞ്ഞിരിക്കുന്നതല്ല അത് ശരിക്കും അവിടെ പറഞ്ഞിരിക്കുന്നത് ആശിഷ്ടത്തിൽ പറഞ്ഞിരിക്കുന്നു അപ്പോ അങ്ങനെയും പറയുന്നുണ്ട് അപ്പോ എങ്ങനെയായാലും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം പറയുന്ന ഒരു സ്ഥലത്തേ ഉള്ളൂ മരണത്തിലേ ഉള്ളു സമാധിയെ സമാധി പോയാൽ തിരിച്ചു വരുന്നേ അവിടെയോ പിന്നെ ഇത് എന്താണ് പക്ഷെ സമാധീകരിക്കുന്ന മരണം അറിയാതെ മരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ അപ്പൊ അവിടെ പിന്നെ വിസ്മൃതി സമാധിന്റെ മരണത്തെ കുറിച്ച് പറയുന്നത് ഈ അദ്വൈതജ്ഞാനത്തിന് ശേഷമുള്ള പിന്നെ അദ്വൈതജ്ഞാനം പ്രത്യേകം മനസ്സിലാവും ഉള്ള മരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരീരനാശത്തിന് അർത്ഥമാണ് വേറെ ഒന്നും സംഭവിക്കില്ല സമാധി ഇരിക്കുമ്പം മരിച്ചാലും സമാധിന്ന് വളർന്നു വന്ന് മരിച്ചാലും എന്താണ് ശരീരനാശം അത്ര തന്നെ ഈ ശരീരനാശം എങ്ങനെ സംഭവിക്കുന്നു അത് ഹാർട്ട് അറ്റാക്കാണോ സംഭവിക്കുന്നത് ബ്രെയിൻ ഡെത്താണോ സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും പണ്ട് അറിയത്തില്ല മരണത്തെക്കുറിച്ചും ഈ ഗ്രന്ഥങ്ങളെ കഴിഞ്ഞ് എഴുതി വെക്കുന്ന കാലഘട്ടത്തിലും മരണത്തെക്കുറിച്ച് മനുഷ്യന് യാതൊരു ഐഡിയ ഇല്ല എങ്ങനെയാണ് മരണം സംഭവിക്കുന്നത് ഇന്ന് മരണമെന്ന് പറഞ്ഞാൽ പറയും ബ്രെയിൻ ഡെത്താണ് പ്രവർത്തിക്കാതെ വരുന്നു അത് മരണം ഇന്ന് കുറയും നൂറ് ശതമാനമല്ല ഏകദേശം അപ്പോ ഈ സമാധി ഇരിക്കുന്നതാണ് ബ്രെയിൻ ഡെത്താണോ സംഭവിച്ചത് അതോ ഹൃദയിൽ നിന്ന് ഇതൊക്കെ പണ്ടറിയാമോ ഒന്നും മരിച്ചു എന്ന് മാത്രമേ പറയാൻ അതൊക്കെ ആധുനിക ശാസ്ത്രത്തിൽ അതൊക്കെ അറിയാൻ പറ്റൂ ഇപ്പൊ തത്വജ്ഞാനി ഇരിക്കുമ്പോൾ മരിക്കുകയാണെങ്കിലും ടർന്നു വന്നിട്ട് മരിച്ചാലും ഒരുപോലെ തന്നെയാണ് വ്യത്യാസം ഒന്നും പിന്നെ ഈ ചോദിച്ചതിൽ എന്താന്ന് വെച്ചാൽ ഈ ഉപാസന ചെയ്യുന്ന ആൾക്കാർ ഒരു വിശ്വാസമാണ് അവര് ബോധപൂർവം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരു ജീവാത്മാവിനെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടു വന്ന് ഇങ്ങനെ മേലോട്ട് കൊണ്ടുപോയി മൂർധാവിൻ ഒരു നാടിയുണ്ട് ആ നാടിയിലൂടെ എന്ത് ചെയ്യുന്നു പുറത്തിറങ്ങി ഞങ്ങൾ ിയല്ല ഉപാസകന്മാരാ അങ്ങനെ പോകുമെന്ന് ഉപനിഷത്തിനും മറ്റും പറഞ്ഞിട്ടുണ്ട് മരിക്കുന്ന ഈ നാടി വഴി ഇറങ്ങി പോവാണ് അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവര് നേരെ പരലോകങ്ങളിലേക്ക് പോകും ബ്രഹ്മലോകം വില എത്തിച്ചേരാ എന്നൊരു കഥയുണ്ട് ആ കഥയനുസരിച്ചാണെങ്കിൽ അവരിങ്ങനെ ബോധപൂർവം പോകുന്നതാണ് ഇത് പല കഥകളുണ്ട് ആർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ അവർക്കറിയാം അവര് ശരീരം ഉപേക്ഷിച്ചു പോവുകയാണ് ശരീരം ഉപേക്ഷിച്ചു പോവുകയാണെന്നുള്ള രീതിയിൽ അവർ പോകുന്നു ശരീരത്തിന് അവരെന്താണ് ആത്മാവാണ് ആത്മാവ് അങ്ങനെ ഇറങ്ങി പോവുകയാണ് പക്ഷെ തത്വജ്ഞാനിയെ സംബന്ധിച്ചത് പറ്റത്തില്ല എന്തുകൊണ്ട് തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം സർവഭൂതവും ആത്മാവിൽ ആത്മാവിനെയും അങ്ങനെ സർവഭൂതത്തിനും കാണുകയാണ് അങ്ങനെ കാണുമ്പോഴത്തേക്ക് ശരീരത്തിന് എങ്ങോട്ടിറങ്ങി പോകാനും റ്റില്ലല്ലോ എങ്ങോട്ടോ പോകുന്നു അപ്പൊ ഇറങ്ങി പോകാൻ ലോകമോ ഒരു തലയോ അവിടെ ഒരു ഹോളോ ഒന്നുമില്ല ഇറങ്ങുന്നവരോ ഒന്നും ഇല്ല അതുകൊണ്ടാണ് ത തജാനം സംബന്ധിച്ചോ എന്ന് പറയുന്ന സമാധിയിലിരുന്നാലും ശരി വളർന്നു വന്നാലും ശരി ശരി ചത്തുപോകുന്നോ ഉള്ളൂ മറ്റേ ഉപാസകന്റെ കഥയിലാണ് പറയുന്നത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയി ഇതുവഴി ഇറങ്ങി അങ്ങ് പോകുന്നു അങ്ങനെ പല കഥകളും അങ്ങനെയൊക്കെ പറഞ്ഞു കഥകൾ പറയുന്നത് ഭാവനാശാലികളായ ആൾക്കാർ ഒരുപാട് കഥകൾ എഴുതിച്ചിട്ടുണ്ട് അങ്ങനെ പല കഥകളുണ്ട് അദ്ദേഹത്തിൽ മനസ്സിലായോ പിന്നെ நல்ல வேதனம்னு சொன்னா இது ஒரு கதையும் വർക്ക് செய்யില്ല. அது கூட அறிഞ്ഞിരിക്കും. பändige வேதனம்னு அப்படில என்ன தெரியல. ஒருவேளை ஒரு இந்த சமயீ இந்த வேதனையில கான்சென்ட்ரேட் செய்து കഴിഞ്ഞால் வேதனை பைன்シャவும். ஆ வேதனையை கான்சென்ட்ரேட் செய்து வேதனை അങ്ങനെ આવவும் நறையனோக்கி நல்ல கேன்சர் வேதனையுள்ள கேன்சர் வரும். അത് വന്നിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അറിയാൻ പറ്റി എനിക്ക് വന്നതുപോലെയുള്ള ഈ മൂത്രം പോവാതെ വരണം കോൺസെൻട്രേറ്റ് കോൺസെൻട്രേറ്റ് വേദന നോക്ക് വേദന വരുമ്പഴ് വേദന വരുമ്പോഴത്തേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല മനസ്സിൽ വേദന മാത്രേ കാണൂ പിന്നെ അവിടെ പോയി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വേദന മാത്രേ അവിടെ കാണൂർക്ക് വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം എല്ലാം പോയിട്ട് ആ വേദനയില് മാത്രം ഇങ്ങനെ വേദന വേദന വേദനയായിട്ടിരിക്കും അവിടെ പിന്നെ പ്രത്യേകിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ആ സമയത്ത് എന്താണ് നമുക്ക് തോന്നെ എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ആസനത്തെ തീ കോലി ഇട്ടതുപോലെ ഈ കോൺസെൻട്രേഷൻ കൊണ്ട് മനസ്സിലായോ ആസനത്തിൽ തീ കോലി ഒരു ചാട്ടം വരും ഇരിക്കാൻ ഒക്കത്തില്ല നിൽക്കാൻ ഒക്കത്തില്ല ഇതേ ഒരു അല്ല ഈ പറയുന്ന കഥകളുണ്ടല്ലോ ഇത് യഥാർത്ഥം മറ്റൊക്കെ കഥ മനസിലാ നേരത്തെ പറഞ്ഞില്ലേ സമാധി കഥയല്ല സമാധി എന്ന് പറയുന്നത് കഥയല്ല മനസ് എന്താണ് ഇങ്ങനെ ഏകാഗ്രപ്പെടുക ഈ ഉറക്കം പോലെ അല്ലെങ്കിൽ ഹിസ്റ്റീരിയയില് ആൾക്കാർക്ക് ഒരു അവസ്ഥ വരും അതുപോലെയൊക്കെ മനസ്സിന് അവസ്ഥകള് സംഭവിക്കാം അങ്ങനെയാണ് നമ്മള് സമാധി എന്ന് പറയുന്നത് പക്ഷേ പ്രശ്നം എന്തെന്ന് വെച്ചുകഴിഞ്ഞാല് അന്ന് സ്ഥായി അല്ല ഈ വേദന അനുഭവിക്കുന്ന ആള് സമാധിയിലോട്ട് പ്രവേശിക്കുന്ന ആ ഒരു ടൈമിൽ ഈ വേദന സമാധിയിൽ അങ്ങനെ തീവ്രമായ വേദനയിരിക്കുമ്പോഴേ വേദനയിരിക്കുമ്പോഴത്തേക്ക് പിന്നെ സമാധി പോകുന്ന ഒരു വിദ്യ ഇല്ല സമാധി എന്ന് പറയുന്ന എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ സമാധിഷട്ട സമ്പത്തിയോടു കൂടി ഒരാളിരിക്കുമ്പോഴേ അവധിയിലിരിക്കും ശമതമാധികളോടുകൂടി മനസ്സിണം മനസ്സ് നല്ല ആരോഗ്യത്തോടുകൂടി ഏകാഗ്രതയോടുകൂടി അങ്ങനെയിരിക്കുന്ന സമയത്ത് മാത്രമേ മനസ്സിനെ ഒരാൾക്ക് നിയന്ത്രിക്കാൻ പറ്റൂ മനസ്സിനെ നിയന്ത്രിക്കാന്ന് വെച്ചാൽ മനസ്സിനെ അങ്ങനെ ശാന്തമാക്കി സമാധിയിലേക്ക് പോകാൻ പറ്റൂ മനസ്സിനെ തീവ്രമായി അസ്വസ്ഥപ്പെടുത്തി കഴിഞ്ഞാല് മനസ്സിന്റെ മേലിലുള്ള അയാളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു ആ മനസ്സിന്റെ മേലുള്ള നിയന്ത്രണം അത് പഴയകാലത്ത് അങ്ങനെയൊക്കെ കരുതിയിരുന്ന എന്തെന്ന് വെച്ചുകഴിഞ്ഞാല് എന്താണ് ഈ ബ്രെയിനിനെ കുറിച്ച് യാതൊരു ധാരണയില്ലാത്തോണ്ടാണ് അങ്ങനെയൊക്കെ കരുതിയിരുന്നത് ഈ ശക്തമായ വേദനയൊക്കെ വരുമ്പഴത്തേക്ക് ബ്രെയിൻ എന്ന് പറയുന്നത് സർവൈവൽ മോഡെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് മാറും മനസ്സിലാക്കാൻ സ്വയം തന്നെ മാറും അപ്പോ നമുക്ക് ഈ മനസ്സിന്റെ വേണ്ടി ആരും നിയന്ത്രണമുണ്ടാകത്തില്ല ഈ ബ്രെയിനിനെ കുറിച്ച് യാതൊരു വിവരമില്ലായിരുന്ന ആൾക്കാരാണ് ഇങ്ങനെയുള്ള കഥകൾ പറയുന്നത് എന്താണ് അങ്ങനെ വേദന കൂടി ഇവരും പെട്ടെന്ന് ചാടി സമാധിക്കാരണോന്നൊക്കെ ബ്രെയിൻ അപ്പൊ സർവൈവൽ മോഡിലാണോ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എപ്പോഴാണോ ആ അവസ്ഥ ആ അങ്ങനെ പോകാനേ പറ്റും അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് ഇപ്പോ നല്ല സുഖം തോന്നുന്നു എന്തുകൊണ്ട് ായി അപ്പൊന്നുഭവം മുൻപ് അവർക്ക് വളരെ സുഖം പോലെ തോന്നുന്നു എന്ന് പറഞ്ഞതായിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട് അത് സാധാരണ പറയുന്നേ മരണത്തിന് ഈ നമ്മളെ മരണത്തിന് മുമ്പ് അങ്ങനെയുള്ള ശരീരത്തിൽ സീരിയസ് ആയ അസുഖങ്ങളൊക്കെ വന്ന് വരുന്ന സമയത്ത് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ബ്രെയിനിലേക്ക് ആവശ്യത്തിൽ ഓക്സിജൻ കിട്ടാതെ മനസിലായ ബ്രെയിനിലേക്ക് ശരിക്കുള്ള ഓക്സിജൻ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ താളം തെറ്റും ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പോ പല അനുഭൂതികളിലേക്കും പോകും അത് പ്രിഡിക്റ്റബിളല്ലാത്ത അനുഭൂതികളിലേക്കും പോയി ചിലപ്പോൾ ചിലർക്ക് ഞാൻ സ്വർഗ്ഗത്താണ് ഇരിക്കുന്നതെന്ന് തോന്നും സുഖത്തിലാണെന്ന് തോന്നുന്നു ചിലർക്ക് നരകത്തിലെന്ന് തോന്നും അത് ആ അങ്ങനെ തോന്നുന്നു ഇതെല്ലാം ബ്രെയിനിൽത്തെ പ്രവർത്തനങ്ങൾ താളം തൊട്ടുന്നതുകൊണ്ടും പ്രത്യേകിച്ചും അവിടെ ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതെ സംഭവിക്കുന്ന ബ്രെയിൻ തകർന്നു പോകുന്നതിന് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ബ്രെയിൻ ഡെത്തിന് മുമ്പ് സംഭവിക്കുന്ന കാര്യമാണ് അതിനാണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അപ്പൊ ചിലപ്പോ സുഖമായിരിക്കും ദുഃഖമായിരിക്കും അതെല്ലാം ബ്രെയിൻ ഒരു തകർച്ചയെ നേരിടുന്നതിന്റെ ഭാഗമായി ബ്രെയിൻ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ ചെലപ്പോ താൻ ആത്മാവാണെന്ന് തോന്നാം അതിൽ നിന്ന് തിരിച്ചു വരാം അത് ഇതൊരു ഓപ്പറേഷൻ ടേബിളിൽ കിടക്കുമ്പോ സംഭവിക്കാണെങ്കിൽ ഡോക്ടർമാർ അയാളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരും അതിനടയ്ക്ക് പല എക്സ്പീരിയൻസുകളും വരും അത് നമ്മുടെ മേളോട്ട് എന്തുവേണം നമ്മുടെ ബ്രെയിനിന് കാർബൺ ഡയോക്സൈഡും ആവശ്യമാണ് ഓക്സിജനും ആവശ്യമാണ് അത് നിശ്ചിതമായ അളവിൽ അവിടെ കിട്ടണം ഈ ശ്വാസോച്ഛ്വാസത്തിലൂടെ ഇതില് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നുകഴിഞ്ഞാൽ ഹൈപോക്സിയ എന്നൊക്കെ പറയുന്ന ചില സംഭവങ്ങൾ നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തിന് കഴുത്തിൽ കുരുക്കിട്ട് തൂങ്ങിച്ചാകാൻ പോകുന്നവരുണ്ടല്ലോ കഴുത്തിൽ ആ കുരുക്കും മുഴുവുമ്പോ ചെലപ്പോൾ അവർക്ക് ഭയങ്കര ആനന്ദം ഉണ്ടാകും കാരണം ആ കുരുക്കിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവർ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ആനന്ദം വരുന്നു ഈ കുരുക്കും മുറുന്നുണ്ട് മേളിലോട്ട് കാരണം ഈ ശ്വാസ ശ്വാസകോശത്തിലേക്ക് വരുന്ന ഈ ശ്വാസം ഈ വായു എന്ന് പറയുന്ന അല്ല ഓക്സിജനും കാർബൺ ഡയോക്സൈഡും മേളിലോട്ട് പോണം ഇവിടെ അങ്ങ് ക്ലോസ് ചെയ്തു കഴിഞ്ഞാൽ എന്ത് അപ്പൊ ബ്രെയിനിൽ സംഭവിക്കുന്ന മാറ്റം കൊണ്ട് ഒരാൾക്ക് ഭയങ്കരമായ ആനന്ദമൊക്കെ ഉണ്ട് ചോക്കിങ് ഗെയിം എന്ന് പറഞ്ഞൊരു ഗെയിം തന്നെയുണ്ട് കഴുത്തിൽ കുരുക്കെട്ട് മുറുക്കിയിട്ട് ആനന്ദത്തെ അനുഭവിച്ച് ബോധം കെട്ടി വീഴുന്നു ഗെയിമുകൾ തന്നെ ഉണ്ട് കേട്ടിട്ടുണ്ടോ കഴുത്തിൽ ഇങ്ങനെ അതിനെ മുറുക്കും മുറുക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായി ആനന്ദം വന്നിട്ട് ബോധം കെട്ടും അതൊരു ഗെയിമാണ് ആ എന്തുകൊണ്ട് എന്തുകൊണ്ട് അവർ അവര് ഈ പിള്ളേര് കളിക്കുന്ന എന്തുകൊണ്ട് ബോധം കെട്ട് വീണ് കൊറച്ച് കഴിഞ്ഞ അവൻ എഴുന്നേറ്റ് എഴുന്നേറ്റ് അവന് വീണ്ടും കുരുക്കെടണം ഒരിക്കൽ അവൻ കുരുക്കെട്ടും മറിഞ്ഞു വീണ് കഴിഞ്ഞാ ഇവൻ എഴുന്നേറ്റ് വന്നത് പിള്ളേരുടെ കുറേ കുരുക്കിടാൻ പറയും എന്തിന് യവനീ കുരുക്കെട്ട് കഴിഞ്ഞ അവന് ഭയങ്കര ആനന്ദമാണ് ഇത് തന്നെയാണ് നിങ്ങളുടെ സമാധിയില് സംഭവിക്കുന്നത് അത് വേറെ കാര്യം ഇത് ഈ കുരുക്കിന്റെ കാര്യം പറയണം അത് അവിടെ ചെന്ന് കെമിക്കലുകൾ പ്രവർത്തിക്കുന്നു ഇതല്ല ഇത് ഓക്സിജനും കാർബൺ ഡയോക്സൈഡും അളവിൽ വ്യത്യാസം വരുമ്പോ ഈ ചോക്കിങ് എഫക്ട് കൊണ്ട് ബ്രെയിനിൽ ആനന്ദമൊക്കെ ഉണ്ടാകും പ്രാണായാമം ചെയ്യുന്നവർക്ക് ആനന്ദം ഉണ്ടാകുന്നതും പലപ്പോഴും ഇങ്ങനെ ഇവരെന്താ ചെയ്യുന്നത് ശ്വാസത്തെ നിയന്ത്രിക്കാണ് ഈ കുരുക്കിടുന്നതിന് വേറെ അവരെന്തെയ്യുന്നു നിയന്ത്രിച്ചാലും ഇവരുതേ എഫക്റ്റ് തന്നെ ഉണ്ടാകും പിള്ളേർ കുരുക്കിടുന്ന വ്യക്തി ഉണ്ടാവും അപ്പൊ ഇവന് ഭയങ്കര ആനന്ദമുണ്ടാവും തിരിച്ചു വന്നിട്ട് വീണ്ടും പറയും എനിക്കിനി പ്രാണായം ചെയ്യണമെന്ന് പറയും കുരുക്കിടണോന്ന് പറയും പോലെ വ്യത്യാസമൊന്നുമില്ല മോഡേൺ സയൻസിനെ കുറിച്ചൊക്കെ ഒരുപാട് പഠനങ്ങൾ കിടന്നിട്ടുണ്ട് മനസിലായ അതുകൊണ്ട് അന്ധവിശ്വാസങ്ങളിൽ പോയി ചാടുക പോലെ തന്നെ രണ്ടു ലക്ഷം രൂപ കൊണ്ട് കൊടുത്ത അന്ധവിശ്വാസം ഇനി ഇതുപോലെ ഉണ്ടാവും അറിയുന്നത് അന്ധവിശ്വാസമുണ്ട് അല്ല ഈ കാശ് കൊടുത്തത് ഇവരെന്തോ ജനവിനാണ് അദ്ദേഹം ജനുവൻ അല്ല രാവിലെ ഒമ്പത് മണി വരെ ഇദ്ദേഹം മെഡിറ്റേഷൻ ചെയ്യണ ഒമ്പത് മണിക്ക് ശേഷം ഒമ്പതുമണിയായിട്ട് നാലുമണിവരെ ടൈം ആണ് ഞാൻ ആസ്തു അവിടെ ജോലി ചില ആൾക്കാരൊക്കെ തരും പക്ഷെ മരുന്നിനൊക്കെ തരും ശരി വൈകുന്നേരം നാലു മണിക്ക് ശേഷം രാത്രി പത്ത് മണി വരെ റോമിനാത്ത് ഇറയണം ശരി ശരി പണ്ട് ഒരു കളരി അഭ്യാസിക്കണം ശരി മിക്കവാറും ഈ ക്വാളിറ്റി ഒക്കെ എനിക്കും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നതൊക്കെ അന്ധവിശ്വാസം ഞാൻ കുട്ടിക്കാലത്ത് കളരി പഠിച്ചിട്ടുണ്ട് ആറുമണിയ ഊറീ കയറി കഥ അടയ്ക്കും ഇതൊക്കെ പോരെ ബാക്കി സമയം അതെ അതെ ജിങ്കാനായിരുന്നു ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ മനുഷ്യർക്ക് ഇതൊക്കെ സാധിക്കും ഞാൻ നിങ്ങളെ സയൻസല്ലേ പഠിപ്പിക്കുന്നു ഇതോള്ള അന്ധവിശ്വാസം അന്ധവിശ്വാസം സയൻസ് എന്ന് പറഞ്ഞ് വിശ്വസിക്കരുതെന്ന് ഞാൻ പറയുന്നത് അത് സ്യൂഡോ സയൻസ് രസവാദം എന്ന് സ്യൂഡോ സയൻസാണ് സയൻസ് ഇന്നത്തെ കെമിസ്ട്രി വികസിപ്പിക്കുന്ന ണ്ടായിരുന്ന ഒരു ശാസ്ത്രമാണ് മറ്റൊരാളുടെ അന്ധവിശ്വാസത്തെ നമ്മൾ വിശ്വാസമായി എടുക്കരുത് നമുക്ക് പറ്റിയത് അയാളുടെ അന്ധവിശ്വാസം നമ്മുടെ വിശ്വാസമായി അയാളൊരു അന്ധവിശ്വാസിയാണ് അയാൾ ജീവിതം പാഴി കളയുന്നു അല്ലെങ്കിൽ അയാൾ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാക്കുന്നു നമ്മൾ ആ അന്ധവിശ്വാസത്തെ നമ്മുടെ വിശ്വാസമായിട്ട് എടുക്കുന്നിടത്താണ് നമുക്ക് വരുന്ന തകരാറ് അവിടെയാണ് പ്രശ്നം ഇല്ല രണ്ടു ലക്ഷം രൂപ കൊടുത്തോണ്ട് ഞാൻ അപ്പോ ഞാൻ പറയുന്നതേ ഇത് പൈസ കൊടുക്കുമ്പോൾ അല്ലെന്നല്ല ഞാൻ പറയുന്നത് കൊടുക്കാ കൊടുക്കാതിരിക്കുന്നു നമ്മൾ എന്തിനെയാണ് ഫോളോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിന്റെ സർ ഐസക് ന്യൂട്ടൺ ലോകങ്ങളുടെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ ജീവിതകാലം മുഴുവൻ ഇടുന്ന ഈ കെമിസ്ട്രി ഈ പറഞ്ഞ പ്രാചീന കെമിസ്ട്രി എന്ന് വെച്ചിട്ട് അയാൾക്കൊന്നും നേടാൻ പറ്റിയില്ല അയാളുടെയും പ്രധാനമായ ലക്ഷ്യം ചെമ്പ് സ്വർണമാക്കുകയായിരുന്നു ഒന്നും നേടാൻ പറ്റിയില്ല അപ്പൊ അത് എന്തുകൊണ്ടാണ് അത് കെമിസ്ട്രിയല്ല പിന്നീട് കെമിസ്ട്രി ഡെവലപ്പ് ചെയ്തു എന്തെല്ലാം അത്ഭുതം നടന്നു നമ്മളീ ഫോണെന്ന് പറയുന്നത് മുഴുവൻ കെമിസ്ട്രിയാണ് അതുകൊണ്ട് നമ്മള് കുറച്ചുകൂടി സയന്റിഫിക്കായിട്ട് ചിന്തിക്കുകയും അന്ധവിശ്വാസം കുറക്കുകയും ചെയ്യണം ഇല്ലാതാക്കാൻ പറ്റില്ല കുറക്കുകയും ചെയ്യണമെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് എന്താണ് സമാധിയില്ലാത്ത കാര്യൊന്നുമല്ല നമ്മള് പ്രാക്ടീസ് ചെയ്ത നമ്മുടെ മനസ്സിന് അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവും പക്ഷെ അങ്ങനെ ഒരവസ്ഥ എന്ന് പറയുന്നത് പെർമനന്റ് അല്ലെന്നാണ് കാരണം ഈ മോഡേൺ ന്യൂറോ സയൻസിൽ കോബിനേറ്റീവ് സമാധിയെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട് അപ്പൊ സമാധി അസംബന്ധമാണെന്നല്ല അവർ പറയുന്നു അത് സാധിക്കുന്ന കാര്യമാണ് മനസ്സിന് പിന്നെ അതിന്റെ പ്രയോജനം എന്താണ് എത്ര കാലം ഉണ്ടാവും അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതൊക്കെ അവന്റെ വിശദീകരണങ്ങൾ സയന്റിഫിക്കായ വിശദീകരണങ്ങളാണ് അതില്ലാത്ത കാര്യമെന്നല്ല പറയുന്നു പണ്ട് മനുഷ്യൻ ധരിച്ചിരുന്നവനല്ല ിനെ കുറിച്ച് അറിയാതെ സമാധിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് അപര്യാപ്തമാണോ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ശുഭ തുടങ്ങി ദുഃഖത്തിൽ തുടങ്ങി പ്രാരബ്ദത്തിൽ ഒന്ന് സമാധി പോയി പല സ്ഥലങ്ങളിൽ നമ്മൾ കറങ്ങി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്താ ഇതിൽ നിന്ന് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിനകത്ത് വിശ്വാസങ്ങളുണ്ടാകും വിശ്വാസങ്ങളുണ്ട് അന്ധവിശ്വാസങ്ങളുണ്ട് ശാസ്ത്രീയതയുണ്ട് അശാസ്ത്രീയതയുണ്ട് എല്ലാം കൂടെ കൂടി കലർന്നു കിടക്ക എല്ലാം ഉണ്ട് ഇതിനാണ് മോക്ഷംന്ന് പറയുന്നത് എന്താണ് സംസാരം എന്താണത് പറയുന്ന അവസ്ഥ ഇത്തരമുള്ള അബദ്ധധാരണകളിൽ നിന്നൊക്കെ മനസ്സിനെ മോചിപ്പിക്കുന്നു അബദ്ധ കാരണങ്ങളിൽ നിന്നൊക്കെ മനസ്സിനെ മോചിപ്പിക്കുന്നതിനു പറയുന്നു നമ്മടെ അതെ ഇത് മോക്ഷം റിമൂവ് റോങ് റോങ് മോക്ഷം അവർ പഠിപ്പിക്കുന്ന റോങ് നോഷൻസ് ആണ് പക്ഷെ റോപ്പിംഗിന്റെ റോങ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ടീച്ചിങ്ങിന്റെ റോങ് ഓപ്ഷൻസ് അതാണ് പ്രസംഗം അവിടെയാണ് പ്രസംഗം മതിയോ ഇതുപോലൊരു ടീച്ചിങ് ഇങ്ങനെ ഒരു ഇന്ററാക്ഷൻസ് ഇല്ലയുള്ളു അവരിപ്പൊ ഓരോ ക്ലാസ്സിൽ വന്നിട്ട് പത്തും നൂറും പേർക്കൊരു ലെച്ചർ തന്നിട്ടാങ് പോയില്ല ക്വസ്റ്റ്യൻ ആൻസറോ മനസ്സിലായോ ഇല്ലയോ അതൊന്നും ഇല്ലല്ലോ നേഹ സരസ്വതി വന്ന് വീടത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ അത്രേ ചോദിക്കും അതിന് അതൊരു ടീച്ചിങ് പറയാൻ പറ്റുമോ അത് പറയുന്ന അവസാനവാക്ക് അതായത് അവസാനവാക്ക് അതായത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേ ചിന്തിക്കത്തുള്ളൂ എന്റെ ഉള്ളിലേക്ക് വിഷയത്തിന്റെ കൂടെയല്ലാണോ കാരണം നമ്മുടെ മനസ്സിനെ ചിന്തിക്കാൻ പെടുന്നില്ല പിന്നെ നമ്മടെ ബ്രെയിൻ വാഷ് ചെയ്യാൻ പറ്റിയ ബ്രെയിൻ ആണെങ്കിൽ പിന്നെ പറയാനും വേണ്ട എല്ലാ ബ്രെയിനും വാഷ് ചെയ്യാൻ പറ്റും വാഷ് പറ്റിയ ബ്രെയിൻ ആണെങ്കിൽ കംപ്ലീറ്റ് വാഷ് ചെയ്ത് കാലം നമ്മൾ അതെന്നെ നമ്മള് പറഞ്ഞുകൊണ്ട് കിടക്കും ജീവിതം നിർത്തി നിർത്തി കൂടി